शांत पावनम അന്തരായിരുപാത്തപാവനമ ചിന്യൈഭവം തം നരം വകുഷിപ്പുഞ്ചരം മഹേമന്തിലം മഹാ ഗുരുബ്രഹ്മാ देवो ഗുരുദിവോ गुरु साक्षात പരം ബ്രഹ്മ श्री ശ്രീഗുരവേ നമ देहाय ീശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനി വ്യോമവ്യാർത്തേ ദക്ഷിണമൂർത്ത പാർയ പ്രതിബോധിത നാരായണേന സ്വയം വ്യാസന ഗ്രഥിത പുരാണമുനി മധ്യേ മഹാഭാരതം अंबत्वाम भगवद्गीते അദ്വൈതമൃതവർഷി ഭഗവത്തം അഷ്ടശ്യംബ ധമി ഭഗവത്ഗീതീ നമോസ്തു വ്യാസവിശാലബുദ്ധി ഫുല്ലപത്രേത്ര യാ ഭാരതൈലൂർണഹ്രജ്വാലി ജാനമയ പ്രദീപം പ്രപന്നപാരിജാതോത്രവേത്രൈക്കാണേ ജാനമുദ്രാ കൃഷ്ണ ഗീതാമൃതുഹേ നമഹ വസുദേവസുത ദിവസം കംസചാണൂരമർദന ദമാനന്ദ വന്ദേ ജഗദ്ഗുരു മൂക്കം കരോതി വാചാ പങ്കും ലംഘയത്തെ ഗിരി യത്മഹം വന്ദേ പരമാനന്ദമാധവം എവരുണേന്ദ്രദ്രമരുത സ്തുവൈസ്തവൈ വേദസക്രമോപനിഷദൈർഗായം സമഗാ ധ്യവസ്ഥ മനസാ പശ്യം യോഗിനോ യം നവിദുസുരാഗണാ ഭക്തിസാധനയ്ക്ക് ഇന്ദ്രിയങ്ങള് മനസ് വാക്ക് പ്രവൃത്തി എല്ലാമാണ് മുഖ്യമായിട്ടും പറയുക കേൾക്കുക കീർത്തനം ചെയ്യുക ജപിക്കുക രസിക്കുക ഒക്കെ ഭക്തിയിലാണോ അതാണ് ഇന്നലെ ഭഗവാൻ മച്ചിത്താ മദ്ഗതപ്രാണ ബോധയന്ത പരസ്പരം എന്ന് രണ്ടു പറഞ്ഞു ബോധനം എന്ന് പറഞ്ഞാൽ തന്നെ അറിയിപ്പിക്കുക എന്ന അർത്ഥമാണ് അധീതി ബോധ ആചരണ പ്രചരണം ഇന്നാണ് ശാസ്ത്രങ്ങൾക്ക് ഒരാൾ എപ്പോഴും ആചാര്യനാവണത് എന്ന് വെച്ചാൽ അധീതി ബോധ ആചരണ പ്രചരണം പഠിച്ച് അറിഞ്ഞ് ആചരിച്ച് പ്രചരിക്കും പ്രചരിപ്പിക്കും പൊതുവെ ശാസ്ത്ര ധർമ്മശാസ്ത്രങ്ങൾ എല്ലാത്തിനും ഭക്തി ബോധയന്ത പരസ്പരം ബോധയന്തശ്ചോധനം പലപ്പോഴും ഭക്തന്റെ അനുഭൂതി കാണുമ്പോ തന്നെ മനസ്സിലാവും ഭക്ത പ്രകട്യം ശിവാനന്ദലഹരിലാചാര്യസ്വാമി ഒരു പറയുന്നേ എങ്ങനെയാ ഭഗവാനെ അറിയാന്ന് വെച്ചാൽ ഭക്തേഷു പ്രകടിത ഫലാഹം ഭക്തനിൽ അതിന്റെ ഇഫക്റ്റ് രൂപത്തിൽ കാണണൂന്നാണ് എലക്ട്രിസിറ്റി ഫാനിൽ ഇത് അങ്ങനെ ചുറ്റുമ്പോ കറണ്ട് അറിയണ പോലെ ലൈറ്റ് വരുമ്പോ ആ കറണ്ട് അറിയണ പോലെ ഭക്തന്റെ അനുഭൂതി പുറമേക്ക് ചില ലിംഗങ്ങൾ കൊണ്ട് ഊഹിച്ചിട്ട് മനസ്സിലാക്കുകയാണ് ഉപദേശ സാഹസരിൽ ആചാര്യസ്വാമി പറയണ്ടേ ഒരു ഗുരു ശിഷ്യൻ ഉപദേശിക്കുമ്പോ ശിഷ്യൻ അത് വാസ്തവത്തിൽ വേദാന്തം പറയുമ്പോ ശിഷ്യൻ അത് ഉള്ളിൽ പോകണുണ്ടോ ശരിയായ സെന്ററിലാണോ ചെന്ന് ചേരുന്നത് എന്നൊക്കെ ചില ലിംഗങ്ങൾ കൊണ്ട് ഊഹിക്കാൻ കഴിയുന്ന മനസ്സിലാവണില്ല അറിയും പ്രതിപത്തി ഉണ്ടാവണില്ല എന്നുള്ളത് അറിയും വിപരീതമായിട്ട് മനസ്സിലാക്കണമെന്നറിയാൻ കഴിയും ഇയാൾക്ക് താമസമായിട്ടിരിക്കുകയാണെന്നറിയാൻ കഴിയും ഇതൊക്കെ ചില ലിംഗങ്ങൾ കൊണ്ട് ഊഹിക്കുകയാണ് അതേപോലെ അനുഭവം ഉണ്ടാവുമ്പോഴും അറിയാൻ കഴിയും ഭഗവത് അനുഭൂതി ഭഗവത് രസം ഉള്ളുണ്ടാവുമ്പോഴും ഭക്തേഷു പ്രകടി പ്രകാശിച്ച് കാണപ്പെടുന്നു ബോധ അപ്പോ ബോധനം സ്വയം ആ അനുഭവം ഉണ്ടാവുമ്പോഴേ ബോധനം ചെയ്യാൻ പറ്റുള്ളൂ ആ ബോധനത്തിന് സഹായമായിട്ടുള്ളതാണ് കഥയന്തശ് പറഞ്ഞുകൊണ്ടിരിക്കും പറഞ്ഞ് രസിക്കും ജ്ഞാനത്തിലതില്ല ജ്ഞാനത്തില് ചോദിച്ചാലേ പറയാൻ പാടുള്ളൂ അപൃഷ്ടേന കസ്യചിത് ബ്രൂയാത് ചോദിച്ച് മനസ്സിലാക്കുക എന്നാണ് ഭഗവാൻ ഗീതയിലെ പരിപ്രശ്നേന സേവയാ അവർക്ക് പരിചരണം ചെയ്ത് ചോദിച്ച് വി ഹാവ് ടു വെയ്റ്റ് till it comes out. അങ്ങനെ വരുമ്പോഴോ ആ വാക്ക് അജ്ഞാനനിവാരണം ചെയ്യാൻ ശക്തിയുള്ളതായിട്ടിരിക്കും ഇവിടെ ഭഗവാൻ സാധനയാണ് പറയണത് ബോധയന്ധ പരസ്പരം ഇവിടെ വന്ന് ഗുരു ശിഷ്യൻ എന്നുള്ള ബന്ധമൊന്നുമില്ല രണ്ട് ഭക്തന്മാരാണ് ഭക്തന്മാരുടെ ഇടയിൽ സാധകന്മാർ പോലും ഇല്ല ഭക്തൻ സാധകനല്ല സാധകൻ എന്ന് പറയുമ്പോൾ എന്തോ സാധിക്കാനുണ്ട് എന്തോ ആയിത്തീരാനുണ്ട് നേടിയെടുക്കാനുണ്ട് ഭക്തന് സാധനൊന്നുമില്ല അമ്മയ്ക്ക് കുട്ടിയുടെ അടുത്ത് ഇഷ്ടം വെക്കാൻ അമ്മ കുട്ടിയുടെ ഇഷ്ടം അഭ്യസിക്കുന്നത് സാധികയാണോ അത് നാച്ചുറൽ ആണ് സ്പോണ്ടേനിയസാണ് അതിൽ സാധനൊന്നുമില്ല ഭഗവാന്റെ അടുത്ത് ഇഷ്ടം വന്നു ഭഗവത് ഭക്തി വന്നു അതിലെന്ത് സാധനം അങ്ങനെ അല്ലാതെ ഇരിക്കാൻ വയ്യ ഗോപസ്ത്രീകൾ പറഞ്ഞു വിസ്മർത്തും നൈവ ശക് മഹ മറക്കാൻ ആണല്ലോ ഭക്തി അപ്പൊ അതില് സാധനൊന്നുമില്ല അവിടെ നമുക്കിഷ്ടമുള്ള കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലെ പൊതുവെ നമുക്കിഷ്ടമുള്ള കാര്യം നമ്മളുടെ അഹങ്കാരാണ് അതുകൊണ്ട് നമ്മളെ കുറിച്ച് തന്നെ ഞാൻ എങ്ങനെ ചെയ്തു ഞാൻ എങ്ങനെ ചെയ്തു പറയാ എന്റെ മകൻ അവിടെയാണ് എന്റെ മകൾ ഇവിടെയാണ് അത് നമുക്ക് സ്പോണ്ടേനിയസായിട്ട് നിസർഗമായിട്ട് അതുപോലെ ഭഗവത് ഗുണങ്ങളും ഭഗവത് വിഷയങ്ങളും വരണം വന്നിട്ടില്ലെങ്കിലോ പറഞ്ഞ് അഭ്യസിക്കാം യും ശ്രവണോ കഥായം വാക്കിന് ആദ്യത്തെ ട്രെയിനിംഗ് ആണ് വായു തുറന്നാൽ ഒന്നിനും നാമം ജപിക്കുക അല്ലെങ്കിൽ കീർത്തനം ചെയ്യുക അല്ലെങ്കിൽ ഭഗവത്ഗുണങ്ങൾ പറയാം കേൾക്കുന്നതും ലോകവിഷയങ്ങൾ കേൾക്കരുത് അത് ഒരു ഒരു ഡിസീസ് അതിൽ ബാക്ടീരിയ ഉണ്ട് വൈറസ് ഉണ്ട് അജ്ഞാനത്തിന്റെ വൈറസ് അജ്ഞാനത്തിന്റെ ബാക്ടീരിയാണ് ആരെങ്കിലും ഒക്കെ അവരുടെ ഹാബിറ്റ് ഒക്കെ നമ്മളുടെ ഹാബിറ്റ് എനർജി എന്ന് പറഞ്ഞ തന്നെ ഒന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ ഹാബിറ്റ് വരുന്നതുകൊണ്ട് ആ ഹാബിറ്റ് ഒരു എനർജിയാണ് അത് പിടിക്കും അതിനൊരു ഫോഴ്സ് ഉണ്ട് നമുക്കതിന്റെ സംസ്കാരം നമ്മളുടെ അടുത്തുള്ളത് കൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ സ്വഭാവം പ്രകൃതിയൊക്കെ നമുക്കും വരും അതുകൊണ്ട് ജാഗ്രത അതുകൊണ്ടാണ് ഉപനിഷത്തെ ആദ്യ ഉത്തിഷ്ഠത എന്ന് പറഞ്ഞത് മീൻസ് You have decided that you should have a spiritual life. First awakening. This is a good thing. How many people are doing this good thing in the world? Mostly, they are successful in the organization. അത് എത്ര വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ശരി എന്താണെന്നുവെച്ചാൽ അദ്ദേഹത്ത് പോയി ജോലി എടുക്കുകയും പണിയെടുക്കുകയും പല പല തരത്തിലുള്ള ആളുകളെ കാണുകയും പലതരത്തിലുള്ള സാധകന്മാരുമായി സമ്പർക്കവും അവിടുത്തെ ദോഷങ്ങളും ഒക്കെ കണിൽ ചിലരൊക്കെ തന്നെ വെറുത്ത് ദ്വേഷിച്ച് ഇന്നലെ പറഞ്ഞില്ലേ നമ്മള് ഫാക്ട്സ് ഇമ്പോർട്ടൻ്റ് അല്ല ഭാവമാണ് ഇമ്പോർട്ടൻറ് നമ്മളുടെ ഭാവം നശിക്കാനേ പാടില്ല പ്രത്യേകിച്ച് ഗുരുവിന്റെ അടുത്ത് അതുകൊണ്ടാണ് ഗുരു ഒരു നിമിത്തം മാത്രാണ് ഒരു സാളഗ്രാമം ഒരു ശിവലിംഗം നമ്മൾ പൂജിക്കണു വിഷ്ണു നമ്മളുടെ ഉള്ളിലാണ് അതൊരു ഉരുണ്ടിട്ടൊരു കല്ല് അത്രയേ ഉള്ളൂ ബാള് പോലെ ഇരിക്കണു സാളഗ്രാമം സാളഗ്രാമത്തിന് പോയി നോക്കിയിട്ട് അതിൽ ഓട്ടുണ്ട് അത് കാണാൻ ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ അതിനെയല്ല നമ്മൾ ഉപാസിക്കണത് അതൊരു നിമിത്തം മാത്രമാണ് നാരായണൻ ഉണ്ടാവണത് ഹൃദയത്തിലാണ് ശിവൻ ഉണ്ടാവണത് ഹൃദയത്തിലാണ് ശിവലിംഗത്തിലല്ല തിരുമൂലർ പറയണു ഉപാസനാരഹസ്യം അറിഞ്ഞുകൊണ്ട് ഉപാസന ചെയ്യണം ഗുരുവാണെങ്കിലും അതേ ഇഷ്ടദൈവമാണെങ്കിലും അതെ ഒക്കെ അവരെയൊന്നുമല്ല നമ്മൾ ഉപാസിക്കണത് തിരുമൂലർ തിരുമന്ദിരത്തിൽ പറയണ്ടേ ശിവലിംഗത്തിനെ കണ്ടിട്ട് ഒരു ഭക്തൻ കണ്ണിന് ഇങ്ങനെ കണ്ണീര് വിട്ടുകൊണ്ട് നിൽക്കണു ഏത് കല്ലുകൊണ്ടാണോ ആ ലിംഗം വാർത്തിരിക്കുന്നത് അതിന്റെ ബാക്കി പകുതി കല്ലിന്റെ മേലെയാണ് അത്ര നിൽക്കുന്നത് അതിന്റെ ഒരു പകുതി കൊണ്ടാണ് ആ കല്ല് അവിടെ ശിവലിംഗം ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇതിൽ തോന്നിയില്ല എവിടെയാണ് ഭാവത്തിലാണ് ഉപാസന ഭാവമാണ് ദേവത ഭാവഗ്രാഹി ജനാർദ്ദന അതുകൊണ്ട് ഭാവത്തിനെ നശിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു കൗശലമാണ് ആ ഒരു ചമത്കാരം ആണ് ഉപാസനയുടെ രഹസ്യം ഒരു അതുകൊണ്ട് സ്വാമി രാംദാസ് പല ഭക്തന്മാരുടെ അടുത്ത് അദ്ദേഹം പറയും നിങ്ങൾ മഹാപുരുഷന്മാരുടെ സമ്പർക്കത്തിൽ നിന്നും എത്ര കണ്ട് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ എടുക്കാൻ പറ്റുമോ പ്രചോദനം എടുക്കാൻ പറ്റുമോ എടുത്തുകൊള്ളുക നിങ്ങൾ തനിയെ ഇരുന്ന് സാധന ചെയ്യ ഒരുപാട് അവരുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഉള്ളിലുള്ള ദൂഷ്യങ്ങള് അവർ ചെയ്യുന്ന ദൂഷ്യം ഉണ്ടോ ഇല്ലയോ എല്ലാരുടെ ദൂഷ്യം ഉണ്ടാവും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണും കുഴപ്പങ്ങൾ കാണും കുഴപ്പങ്ങൾ കണ്ടത് അത് ഫാക്ടല്ലേ ചോദിക്കും ഫാക്ട് നമുക്ക് വേണ്ട ഫാക്ട് എന്താ സൂര്യനിലും ദോഷമുണ്ട് ശ്രീകൃഷ്ണ അവതാര കാലത്തിലൊക്കെ കൃഷ്ണന്റെ അടുത്ത് ദോഷം കണ്ടിട്ടാണ് നമ്മളൊക്കെ ഇത്രയും ജന്മം കഴിഞ്ഞിവിടെ ഇരിക്കണത് രാമാവതാരത്തിലും ദോഷമുണ്ടാവും എല്ലാ അവതാരത്തിലും ദോഷം ഉണ്ടാവും അല്ലേ കൃഷ്ണനെ കൃഷ്ണനെ കണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളിപ്പോൾ ഗുരുവായൂരപ്പെന്നൊക്കെ പറഞ്ഞ് ഭജിക്കുന്നുണ്ട് ഒരു കാലത്തിപ്പൊ നിങ്ങൾ ട്രാൻസ്പോർട്ട് കൃഷ്ണാവതാരാണെങ്കിൽ നിങ്ങൾ നിശ്ചയായിട്ട് നമ്മൾ പത്രത്തിൽ എഴുതും കൃഷ്ണന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ അല്ലേ നമുക്ക് കൃഷ്ണനോ രാമനോ ഒക്കെ ഒരു ഐഡിയൽ മാത്രമാണ് ചാടഗ്രാമം ശിവലിംഗമൊക്കെ ഒരു ഉപാസ്യമായ ഒരു പ്രതീക്കമാണ് ആ പ്രതീകമല്ല പ്രധാനം നമ്മളുടെ ഭാവമാണ് പ്രധാനം നമുക്ക് ഭാവത്തിന് ആലംബത്തിന് എന്തെങ്കിലുമൊന്നു വേണം പ്രപഞ്ചം മുഴുവൻ വെറും ആലംബം മാത്രമാണ് നമ്മളെ ഭാവത്തിനെ നശിപ്പിക്കരുത് നമ്മളുടെ ഋഷികൾ വളരെ ജാഗ്രതയായിരുന്നു അതുകൊണ്ട് നെഗറ്റീവ് സൈഡ് പറയാനേ പാടില്ല എന്നാണ് ഭാവത്തിനെ ശുദ്ധമാക്കി വയ്ക്കാനുള്ളതൊക്കെ നോക്കണം അതില്ലെങ്കിൽ എന്താവും പലപ്പോഴും ശുദ്ധമായി കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതം നശിച്ചുപോയി ധ്യയത്തോ വിഷയാൻ പുംസസ് സങ്കസ്തൂപത്തെ സങ്കാത് സഞ്ജയത്തെ കാമ കാ കോധോഭിജാതെ കോധാഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാ ബുദ്ധിനാശ ബുദ്ധിനശാത് പ്രണശ്യത്തി ഭഗവാൻ പറഞ്ഞു മനസ്സ് പുറമെ വിഷയങ്ങളിൽ അലയാൻ തുടങ്ങിയാൽ അതിൽ ആഗ്രഹം ഉണ്ടാവും കിട്ടിയിട്ടില്ലെങ്കിൽ വെറുപ്പുണ്ടാവും ദ്വേഷുണ്ടാവും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഉപാസനാ ദേവത ഉപാസ്യമായ വസ്തു ഭഗവാൻ ഭക്തന്റെ ഭാവമണ്ഡലത്തിലാണ് ആ ഭാവത്തിനെ ശുദ്ധമാക്കി പവിത്രമാക്കി വെക്കണം നമ്മളുടെ ഭാവനയിലാണോ നമ്മളുടെ ഹൃദയത്തിലാണോ ആ ഭാവത്തിനാണ് ഇവിടെ ഭക്തിമാർഗത്തിൽ മച്ചിത്താഹാം മദ്ഗത പ്രാണാഹാം ബോധയന്ത പരസ്പരം കഥയന്ത ക്ഷമാം നിത്യം തുഷ്യന്തിച്ച് രമന്തിച്ച് എന്നൊക്കെ ഭഗവാൻ പറഞ്ഞത് പരസ്പരം പറയുന്നു രമിക്കുന്നു ആനന്ദിക്കുന്നു അങ്ങനെയാണ് ഈ രാമായണം ഭാഗവതം ഈ കഥകളൊക്കെ ഇത്രയധികം ഭാരതത്തിൽ പ്രചരിക്കാൻ കാരണം എന്താ നമുക്ക് കഥ വേണം നമ്മളുടെ അഹങ്കാരം നമുക്കുള്ള വരയ്ക്കും അഹങ്കാരം ഒരു വലിയ ഡയറക്ടറാണ് പ്രൊഡ്യൂസർ ഡയറക്ടർ ഹീറോ ഹീറോയിൻ എല്ലാ കോമഡി ട്രാജഡി ഇതൊക്കെ ഈ ഉള്ളവരക്കും അതിന് ഇല്ലാതെ പറ്റില്ല അതുകൊണ്ടാണ് അത് സ്വപ്നം വേണ്ടിയിരിക്കുന്നു ഇല്ലേ എല്ലാ കാലത്തും നോക്കൂ ഡ്രാമയായിട്ടും കഥാ എന്തെങ്കിലും കുട്ടികളാണെങ്കിലും അതെ കുട്ടികളിങ്ങനെ കളിക്കുന്നത് തന്നെ ഇതാണ് ഞാൻ അച്ഛനാണ് നീ അമ്മയാണ് സ്കൂളാണ് ടീച്ചറാണ് ഒക്കെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും എന്തിനോടെങ്കിലുമൊക്കെ ഐഡന്റിഫൈ ചെയ്യാതിരിക്കാൻ പറ്റില്ല അവർക്ക് ഹയർ ഐഡിയൽ കിട്ടിയിട്ടില്ലെങ്കിൽ ലോവർ ഐഡിയൽ പിടിക്കും ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് വ്യാസഭവാൻ ഇത്രയധികം കഥകളെയൊക്കെ പറഞ്ഞത് കഥായമാ വിതായ ലോകേഷു യശ പരേയുഷാം വിജ്ഞാന വൈരാഗ്യവിവക്ഷയാ വിഭോ വചോ വിഭൂതി നതു പാരമാർ ഈ വാക്കുകൾ കൊണ്ട് ഞാനൊരു വിഭൂതി സൃഷ്ടിച്ചു എന്നാണ് ഇതൊരു വിഭൂതിയാണ് ഭാഗവതം ഒരു വിഭൂതിയാണ് ഭഗവത്ഗീത ഒരു വിഭൂതിയാണ് വചോ വിഭൂതി ഈ വാക്കാണ് പരമാർത്ഥം ഒന്നും ധരിക്കേണ്ട പറയുന്ന കഥകളൊക്കെ തന്നെ നിനക്ക് വിജ്ഞാനം ഉണ്ടാവണം വൈരാഗ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞു പറഞ്ഞതാ വിജ്ഞാനവൈരാഗ്യ വിവക്ഷയാ ഒരു തപസ്സുകൊണ്ട് ഋഷി ഉണ്ടാക്കുന്ന ഒരു കഥാലോകമാണത് വൈരാഗ്യമും വിവേകവും ഒക്കെ ഉണ്ടാവാനായിട്ട് വിജ്ഞാനവൈരാഗ്യ വിവക്ഷയാണ് വിവക്ഷ അതിന് പുറകിലുള്ള വിവക്ഷ എന്താണ് വിജ്ഞാന വൈരാഗ്യങ്ങളാണ് അല്ലാതെ വിവക്ഷ വേറെ ഒരു സ്വാർത്ഥല്ല അല്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിൽ വിവക്ഷ എന്താ നമ്മളുടെ സ്വാർത്ഥത ഉണ്ടാവും വിവക്ഷന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് പറയാൻ ഇവിടെ എന്താ വിവക്ഷ വിജ്ഞാന വൈരാഗ്യ വിവക്ഷ ഭാഗവതം പറയുമ്പോ ഭാഗവതം പറയുന്ന ആൾക്കൊരു ചോദ്യം ഞാനിപ്പോ എങ്ങനെയാ ഭാഗവതം പറയേണ്ടത് എനിക്കിപ്പോ ശരിക്കും പറയാനൊന്നും അറിയില്ലല്ലോ എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോ ഋഷി പറഞ്ഞു കൊടുക്കണ ഒരു വഴിയുണ്ട് ആദ്യം മമോ പാത്ര സമസ്ത ദുർദക്ഷയദ് പറഞ്ഞ സാധാരണ ഒരു അതുപോലെ ഭാഗവതം പറയണതിനു മുമ്പ് ഒരു സങ്കല്പ ഉള്ളിൽ വെച്ചല്ല യഥാ ഹരോ ഭഗവതി നൃണാം ഭക്തിഹി ഭവിഷ്യതി ഈ പറയണത് കൊണ്ട് കേൾക്കുന്നവർക്ക് ഭഗവാന്റെ അടുത്ത് ഭക്തി ഉണ്ടാവണം എന്നങ്ങനെ ഇത്തി സങ്കല്പ്യ വർണ്ണയ അത്ര തന്നെ ഇങ്ങനെ അങ്ങോട്ട് സങ്കല്പിക്കുക ഉള്ളില് എന്നിട്ട് നിനക്ക് വായിൽ എന്താ ഭഗവാൻ വരുത്തിക്കണത് വെച്ചാൽ എന്താ പറിക്കണെന്ന് വെച്ചാൽ അതങ്ങട്ട് പറയാന്ന് ബാക്കിയൊക്കെ ആ പൂർവ്വസങ്കല്പം നോക്കിക്കോളും ഇങ്ങനെ പരസ്പരം ഭഗവത്കഥകളെ പറഞ്ഞും കേട്ടും അനുസന്ധാനം ചെയ്തും മനനം ചെയ്തും ുഷ്യന്തി എന്ന് വെച്ചാൽ ഒരു വിധത്തിൽ ഒരു സമാധി അനുഭവം ഉണ്ടാവും ഈ കഥാശ്രവണം കൊണ്ടും ഭജനം കൊണ്ടും ഒരു ആനന്ദം ഭജനാനന്ദം ഒരു തരത്തിലുള്ള ഒരു സമാധി അനുഭവം റമന്തി അതിലൊരു ഡിലൈറ്റ് ഒരു ആനന്ദം ഉണ്ടാവും അങ്ങനെ ഭക്തിസാധന ചെയ്ത് ചിത്തം മുഴുവൻ ഭഗവതർപ്പിതമാകുമ്പോ ഭഗവാൻ പറഞ്ഞു അവർക്ക് നിരന്തരം തൈലധാര പോലെ എണ്ണ ഒരു പാത്രത്തിന്ന് ഒരു പാത്രത്തേക്ക് ഒഴിച്ചാൽ വിഛിത്തി ഇല്ലാതെ ഒഴുകുന്ന പോലെ ഒരു ധാര ഒരു കറണ്ട് ഒരു സ്രോതസ് അവരുടെ ഉള്ളിൽ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുമ്പോ ഭജതാം പ്രീതിപൂർവ്വകം അങ്ങനെ പ്രിയമായിട്ട് ഭജിക്കുന്നവർക്ക് ഞാൻ ബുദ്ധിയോഗത്തിനെ കൊടുക്കും ദദാമി ബുദ്ധിയോഗം എന്നുവെച്ചാൽ അവരുടെ ഉള്ളില് ഹൃദയസ്ഥാനം എന്ന് പറയുന്ന ഒരു ഒരു കേന്ദ്രം ഋഷികൾ നമുക്കൊരു മെന്റൽ അറ്റൻഷൻ നമുക്കൊരു അറ്റൻഷൻ ഉണ്ടാവാനായിട്ട് ഒരു ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് പോലെ പറയണ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹൃദയം ഇടതുവശത്തല്ല വലതുവശത്താണെന്ന് അപ്പൊ തന്നെ നമ്മളൊന്ന് അലേർട്ടാവും ഇടതുവശത്തുള്ള ഹൃദയം എല്ലാവർക്കും അറിയാം ബ്ലഡ് പമ്പിംഗ് ഹാർട്ട് എല്ലാവർക്കും അറിയാം അതിന് ഹാർട്ട് എന്ന് തെറ്റായിട്ടൊരു വാക്കുപയോഗിച്ചാണ് ഹാർദ്ദസ്ഥാനം ഹാർദം ഹൃദയം ദഹരം എന്ന് പറയുന്നത് ഇതല്ല അതിന് വേറെ എന്തെങ്കിലും പേര് കൊടുക്കണം അറിയാതെ അതിന് ആ പേര് കൊടുത്തുപോയി ഹൃദയം എന്ന് പറയുന്നത് വലതുവശത്താണ് നമ്മൾ ഞാൻ അത് ശരീരത്തിലുള്ള ഒരു അംഗമല്ല ശരീരത്തിനൊരു പാർട്ടല്ല ഇവിടെ ഹാർട്ട് എന്ന് പറയണത് അത് കേന്ദ്രമാണ് സെന്റർ ആണ് ദ സെന്റർ വേർ യു ഹാവ് യുവർ പേഴ്സണാലിറ്റി ഞാൻ എന്ന് പറയണത് എവിടെ നിന്നു ഉദിക്കുന്നു എവിടെ പോയി ലയിക്കുന്നു എവിടെ എല്ലാ ഇമോഷൻസും എല്ലാം ഏത് സെന്ററിലാണോ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് എവിടെ നമ്മളുടെ വ്യക്തിത്വത്തിന് അനുഭവമുണ്ടോ അഹങ്കാരത്തിന് അനുഭവമുണ്ടോ ആ ഹൃദയം ഈ ഹൃദയത്തിനെ വേദമന്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട് ഹൃദയം സന്നിധായ ഈശ്വരൻ എവിടെയിരിക്കും ഹൃദയത്തിനെ സന്നിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ഹൃദയസ്ഥാനം അത് ഈ ഹൃദയം എന്ന് നമ്മളിവിടെ പറയുന്നത് അനാഹതചക്രമും അല്ല മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരം അനാഹതം എന്ന് പറയുന്നത് ഈ ഒരു സുഷുമുനാടിയുടെ ഉള്ളിലുള്ളതാണ് ഈ ശക്തിയുടെ പ്രസരണ കേന്ദ്രമാണത് അതുമല്ല ഹൃദയമെന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ് സത്യം അനുഭവപ്പെടുന്ന സെന്ററാണത് ആ ഹൃദയത്തെയാണ് ഭഗവാൻ ഇവിടെ ബുദ്ധിയോഗം എന്ന് പറഞ്ഞത് എന്നുവെച്ചാൽ അത് ഇവർക്ക് വന്ന് ഭഗവാന്റെ കൃപ ഉണ്ടാവുമ്പോ അവരുടെ ഉള്ളിലൊരു ശാന്തിയുടെ ധാമം ഒരു ഐലൻഡ് സ്പേസ് വെർ യു ഹ് എ റിട്ടേറിംഗ് സ്പോട്ട് അവിടേക്കാണ് ഭഗവാൻ സ്ഥിരപ്രജ്ഞ ലക്ഷണം പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞ ആമ എന്തെങ്കിലും അപകടം വരുമ്പോൾ എല്ലാ ഉള്ളിലേക്ക് വലിക്കുന്ന പോലെ യോഗി അതിന്റെ ഉള്ളിലേക്ക് ചെന്ന് ഇരിക്കണു സുഷുപ്തിയില് അൺകോൺഷ്യസായിട്ട് നമ്മൾ അവിടെ പോയി ഇരിക്കുന്നുണ്ട് യോഗി കോൺഷ്യസ് ആയിട്ട് ജാഗ്രതയിൽ തന്നെ ഉണർവോടുകൂടെ തന്നെ അതിനകത്ത് പോയി ഇരിക്കാനുള്ള വിദ്യ കണ്ടുപിടിക്കണമെന്ന് അവിടെ എന്താ വിശേഷം ശുദ്ധം വിമലം വിശോകം അമൃതം സത്യം അതൊരു അതൊരു ഐലൻഡാണ് ആ ഐലൻഡില് അത് ഐ ലാൻഡാണ് The land of pure ദ ലാൻഡ് ഓഫ് പ്യുവർ ഐ അവിടെ ഒന്നും vipapam പ്രവേശമില്ല ശോകത്തിന് പ്രവേശമില്ല ദഹ്രം വിപം പരമേശ്മൂതപുണ്ടരീകം പുരബദ്ധസഗ്രസ്തം തഹ്രം ഗഗനം വിശോകസ്തന്താസിതവ്യം ദഹ്രം വിപം പാപത്തിന് പ്രവേശമില്ല gaganam ആകാശം അവിടെ ശോകമില്ല ശോകമില്ലാത്ത ഒരു സ്പേസ് ആ സ്പേസില് പ്യുർ ഇന്റലിജൻസ് വൈശാരദീ ബുദ്ധി അവിടെ കിടക്കണം അത് ജ്ഞാനസ്വരൂപമാണ് അതിൻ്റെ അടുത്ത് ഇവർക്കൊരു കോണ്ടാക്ട് വരണം ഒരു എൻകൗണ്ടർ അവിടെ വരുമ്പോ ആ ബുദ്ധി എന്തു ചെയ്യണു ഏനമാമുപയാ അവിടേക്കൊരു ട്രാക്കാണ് പുതിയൊരു ട്രാക്ക് തുറക്കാണ് പുതിയൊരു റൂട്ട് ആ റൂട്ട് സാധാരണ ആളുകൾക്കൊക്കെ മറിഞ്ഞു കടന്നു അർജുനനെ ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോ ഇങ്ങനെ രഥത്തിൽ തന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയണത് ഭാഗവിതത്തില് അതൊക്കെ അർജുനന് കൃപ കൊണ്ട് കൂട്ടിക്കൊണ്ടുപോകണതാണേ അപ്പൊ അത് ജ്ഞാനം കൊണ്ടൊന്നുമല്ല അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നും രഥത്തിൽ കൂട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്തെത്തിയപ്പോ ഭയങ്കര ഇരുട്ട് കടക്കാൻ വയ്യാതെ ഇരുട്ട് അപ്പൊ സുദർശന ചക്രം കൊണ്ട് ഒരു വെളിച്ചം തെളിച്ചപ്പോൾ ഒരു ഒരു വഴി അങ്ങനെ ഉണ്ടായിരുന്നു ചിലപ്പോ കാട്ടിൽ നടന്ന് വഴി ഉണ്ടാവും അല്ലേ അതുപോലെ ഉള്ളില് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഒരു വഴി ഉണ്ടാവും ജ്ഞാനവിചാരണം ചെയ്ത് ജ്ഞാന വിചാരണം ചെയ്ത് ഒരു സ്രോതസ് ഒരു ധാര ഉണ്ടാവും ധാരയാണ് ഏനമാമുപയാതി ഭഗവാൻ പറഞ്ഞു ആ വഴിയിലൂടെ അവര് എൻ്റെ അടുത്തേക്ക് വരും ആ വഴിയിലൂടെ അവര് എൻ്റെ അടുത്തേക്ക് വരും അവർക്ക് വഴി അറിയില്ലല്ലോ അവർക്ക് ഞാൻ വഴി വഴി തെളിച്ചു കൊടുക്കാം അർജുനന് ഭഗവാൻ പ്രകാശിപ്പിച്ച പോലെ ഇന്നർ ലൈറ്റ് ഈ ബുദ്ധിയുടെയും മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ശക്തി കൊണ്ടല്ല അകമയ്ക്കുള്ള ചിത്പ്രകാശം കൊണ്ടുതന്നെ ഒരിക്കലും ഈ ഉള്ളിലുള്ള ഈ വാതിൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ പുസ്തകങ്ങള് പുറത്തൊന്ന് ഉപദേശം പുറത്തുനിന്ന് പറയണവരൊന്നും ആവശ്യമില്ല തേശാമേവ അനുകമ്പാർത്ഥം അഹമജ്ഞാനജം തമഹ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വതാം അവിടെ ജ്ഞാനമാകുന്ന ദീപം കൊണ്ട് േഷാമേവ അനുകമ്പാർത്ഥം അവരുടെ അടുത്തുള്ള അനുകമ്പ അനുകമ്പ എന്നു വെച്ചാൽ കാരുണ്യം കൃപ അജ്ഞാനജം തമഹാൻ ആശയാമി ശങ്കരഭാഷ്യം അവരോടുള്ള ദയ മാത്രം ഞാൻ അവരുടെ അന്ധകരണത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അവിവേകം കൊണ്ടുണ്ടായിട്ടുള്ള മിഥ്യാപ്രത്യ ലക്ഷണമായ അവരുടെ മോഹാന്ധകാരത്തെ വിവേകപ്രത്യ രൂപമായിരിക്കുന്ന ജ്ഞാനദീപം കൊണ്ട് നശിപ്പിക്കുന്നു ഭക്തികൊണ്ട് സിദ്ധിക്കപ്പെട്ടിട്ടുള്ള ഈശ്വരപ്രസാദമാകുന്ന അതിലെ എണ്ണ ബ്രഹ്മചര്യാദി സാധനാ സംസ്കാരത്താൽ ഉണ്ടായിട്ടുള്ള പ്രജ്ഞ അതിലെ തിരിയാകുന്നു അഭിനിവേശത്തോടുകൂടി ഉള്ള അധ്യാപനമാകുന്ന കാറ്റ് മന്ദമായി ഊതിക്കൊണ്ടിരിക്കുന്നു ആ ദീപത്തിന് ആധാരം ലൌകിക വിഷയങ്ങളിൽ വിരക്തിയോടുകൂടിയിരിക്കുന്ന അന്ധകരണമാകുന്നു ആ ദീപം വിഷയങ്ങളിൽ നിന്നും നിവർത്തിച്ചിട്ടുള്ളതും രാഗദ്വേഷാദികളാൽ ബാധിക്കപ്പെടാത്തതും ദ്രഷ്ടാവായിട്ടുള്ളതും നിവാദസ്ഥാനീയം ആയതും അതായത് കാറ്റില്ലാത്തുള്ളതുള്ള ദീപം മാതിരി ഉള്ളതും ആ ചിത്രത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു നിത്യം ശീലിക്കപ്പെടുന്ന ഏകാഗ്ര ധ്യാനത്തിൽ നിന്നുണ്ടായിട്ടുള്ള സമ്യക് ദർശനത്താൽ ആ ദീപം സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയിരിക്കുന്ന ജ്ഞാനമാകുന്ന ദീപത്താലാണ് ഞാൻ ഭക്തന്മാരുടെ മോഹാന്ധകാരത്തെ നശിപ്പിക്കുന്നത് അനുകമ്പാർത്ഥമഹമജ്ഞാനജം തമ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത അവരോടുള്ള കരുണമൂലം ദയമൂലം അവരുടെ ഹൃദയത്തിലിരുന്നു കൊണ്ട് ആത്മഭാവസ്ഥ ഹൃദയസ്ഥ ജ്ഞാനീപേന് ജ്ഞാനമാകുന്ന വിളക്കുകൊണ്ട് പുറത്തൊരു വിളക്കൊന്നുമില്ല പ്രതിബോധ വിദിതം ജ്ഞാനവിളക്കിന്റെ സ്വഭാവം എന്താന്ന് വെച്ചാൽ എപ്പ വേണോ അപ്പത് പ്രകാശിക്കും സർവജ്ഞാനമയം തപഹ അന്തര്യാമി സർവജ്ഞനാണ് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു എല്ലാത്തിനെയും വിശേഷമായിട്ടും അറിയുന്നു അങ്ങനെയുള്ള ആ ദീപം കൊണ്ട് അവരുടെ അജ്ഞാനത്തിനെ നീക്കി ആവരണത്തിനെ നീക്കി അകമയ്ക്ക് ചിപ്രകാശ രൂപമായി നോക്കൂ ചില പല മഹാത്മാക്കൾക്കും പുറമേക്ക് ഗുരുവൊന്നുമില്ല അവർ ഭഗവാനെ പിടിച്ചു രാമകൃഷ്ണപ്രമംസരാകട്ടെ അവർക്ക് പുറമേക്കുള്ള ഗുരുവൊക്കെ പോലും അകമേയുള്ള ഗുരുവാണ് പറഞ്ഞു കൊടുക്കണത് അനക്കായിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കണത് എന്ന് ദേവി പറഞ്ഞു ഭഗവാൻ രമണ ഭഗവാൻ അരുണാചലം തന്നെയാണ് ഗുരു കുറ്റമുറ്റ അരുത്തനൈ ഗുണമായി പണിത്താൾ ഗുരു ഗുരുവായുള്ളൊരു അരുണാചല വലിയ മഹാവൈഭവത്തിലുള്ള പല ആളുകൾക്കും ആത്മാ തന്നെ നേരിട്ട് ഗുരുവായിട്ട് ആനന്ദമഹിമാ അവർക്ക് അന്തര്യാമി തന്നെ ഗുരു ഇങ്ങനെ ഉള്ളിൽ നിന്ന് തന്നെ സ്ഫൂർത്തി ഉണ്ടാവാ അവർ ഭക്തി ചെയ്തു ഭക്തിയോഗത്തിൽ ഉള്ളിൽ ഭഗവാൻ പറഞ്ഞു ഞാൻ അവർക്ക് അനുകമ്പാർത്ഥം തേശാമേവ അനുകമ്പാർത്ഥം ഇതിലൊരു ഇതെന്താന്ന് വെച്ചാൽ വരണം ശരിക്കു പറഞ്ഞാൽ ആ ഭക്തന്മാരോടുള്ള അനുകമ്പ കൊണ്ട് ഞാൻ അവർക്ക് ജ്ഞാനദീപത്തിനെ പ്രകാശിപ്പിച്ചു കൊടുക്കണമെന്നാണ് പറയേണ്ടത് പക്ഷെ ശ്ലോകത്തിൽ എങ്ങനെ ഇരിക്കണെന്ന് വെച്ചാൽ അനുകമ്പാർത്ഥം അനുകമ്പയ്ക്കായിക്കൊണ്ട് ചതുർത്ഥി അനു അനുകമ്പയ്ക്കായിക്കൊണ്ട് അനുകമ്പാർത്ഥം അനുകമ്പ ഉണ്ടായിക്കൊണ്ട് എന്നാണ് അതെന്താന്ന് വെച്ചാൽ ജ്ഞാനുണ്ടാവുമ്പോ തന്നെ ഈശ്വരന്റെ അനുകമ്പാ ശക്തി ആ ഈശ്വരത്വം അവരുടെ ഉള്ളില് പ്രകാശിക്കാണ് അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് അവരുടെ അജ്ഞാനത്തിന് നീക്കുന്ന കാര്യമല്ല ഭഗവാൻ പറഞ്ഞതെന്ന് അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് തേശാമേവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ നാശയാമി ആത്മഭാവസ്ഥ ജ്ഞാനിയുടെ ആത്മസ്വരൂപിയായിട്ട് തന്നെ ഇരുന്നു കൊണ്ട് ഞാൻ ജ്ഞാനിയുടെ സമ്പർക്കത്തിൽ വരുന്നവരുടെയൊക്കെ അജ്ഞാനത്തിന് അനുകം ആ അനുകമ്പയായിട്ട് കൊണ്ട് നാശം ചെയ്യണു ജ്ഞാനിയിൽ അനുകമ്പ ഉണ്ടായിട്ട് അതായത് ജ്ഞാനിയിൽ അനുകമ്പ ഉണ്ടാവാൻ സാധ്യതയില്ല എന്താന്ന് വെച്ചാൽ അന്യമായി ആരുമില്ലല്ലോ ആർക്ക് അനുകമ്പ ചെയ്യും ആർക്ക് കാരുണ്യം ചെയ്യും അല്ലേ ബുദ്ധൻറെ അടുത്തും വരണത് ബുദ്ധന് ആദ്യം അനുകമ്പൊന്നും ഉണ്ടായില്ല എന്നാണ് ബുദ്ധൻ നേടേണ്ടത് നേടിക്കഴിഞ്ഞപ്പോ മിണ്ടാതിരുന്നു ഈ ബുദ്ധകൈയിൽ പോയാൽ അനിമേഷലോചന ബുദ്ധൻ എന്നിട്ടുണ്ടാ ഒരു ബോർഡ് അവിടെ അവിടെ ഇരുന്നു ഇരുന്നിട്ട് ആ ബോധ്യവൃക്ഷത്തിന് ഇങ്ങനെ നോക്കിക്കൊണ്ട് കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ടിരുന്നു അത്ര രണ്ടു മാസം അപ്പോ അവരുടെ ബുദ്ധമതം ഒരു വിധത്തിൽ പൗരാണികമാണ് ആളുകൾക്ക് ഈ ബുദ്ധന്റെ ഫിഗറിലുള്ള കരിഷ്മ കാരണം അത് വേദാന്താണെന്നൊക്കെ വിചാരിക്കുള്ളൂ കുറെ പൗരാണികാണ് ബൗദ്ധമതം ബുദ്ധന്റെ അടുത്ത് ബ്രഹ്മസമ്പത്തി എന്ന് പറയുന്ന ദേവത വന്നു എന്നാണ് ആ ദേവത പറഞ്ഞു അങ്ങക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും കൊടുക്കണം അപ്പൊ ബുദ്ധൻ പറഞ്ഞു ഞാൻ എന്തിനാ കൊടുക്കണത് ആർക്കാ വേണ്ടത് എന്ന് വെച്ചാൽ അവരന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ ആർക്കാണോ എന്നെ പോലെ വൈരാഗ്യവും സത്യമറിയാനുള്ള ഉത്കടമായ മുമുക്ഷത്വവും ഉള്ളത് അവരെന്നെ പോലെ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ ഇതൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കി ഇപ്പൊ ഞാൻ കൊടുത്തിട്ട് വലിയ പ്രയോജനവും ഇല്ല അവരൊന്നും സ്വീകരിക്കില്ല ഇനിയിപ്പോ ഞാൻ എന്തിനാ ഇതിന് മെനക്കെടണത് എന്ന് പറഞ്ഞ് ഈ ആനന്ദത്തിന് വിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങണത് വിഡിത്താണെന്നൊന്നും ഇണ്ടാതിരുന്നു അപ്പൊ ഈ ബ്രഹ്മസമ്പത്തി എന്ന് പറയുന്ന ദേവത അപ്പൊ ബുദ്ധന്റെ അടുത്ത് പറഞ്ഞു അത്രേ ഈ രണ്ട് കാറ്റഗറിയിലും പെടാത്ത കുറെ ആളുകൾ ലോകത്തിലുണ്ട് അവര് തീവ്ര അല്ല എന്നാൽ സംസാരികളും അല്ല ത്യന്തോ നോതജ്ഞ അവര് ഈ കണ്ണാടിയിലെത്തിരി പൊടി പറ്റിയാൽ ചെറിയൊരു എഫേർട്ട് വേണം അല്ലെ ഒന്ന് തുടക്കണം തുടച്ചാൽ മുഖം കാണും അതുപോലുള്ളവരാണെന്നാണ് അവർക്ക് ഈ വാക്യശ്രവണ ഉണ്ടായാൽ അല്ലെങ്കിൽ അങ്ങയുടെ ദർശനം ഉണ്ടായാൽ അങ്ങയുടെ വാർത്തകൾ അവർക്ക് ചെവിയിലെത്തിയാൽ തന്നെ അവർക്ക് പ്രയോജനം അവരുടെ അജ്ഞാനം നീങ്ങും അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഇത് ചെന്ന് പറയണം എന്ന് പറഞ്ഞ് ഈ ബ്രഹ്മസമ്പത്തി എന്നുള്ള ദേവത ബുദ്ധന്റെ ഉള്ളില് പ്രവേശിച്ച് കാരുണ്യ ചക്രത്തിനെ പ്രവർത്തിപ്പിച്ചു എന്നാണ് ഇതൊക്കെ അനുകമ്പാർത്ഥം അതായത് ജ്ഞാനിയുടെ ശരീരത്തില് ബാക്കി പ്രാരബമുള്ള ആ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഈശ്വരന്റെ അനുകമ്പാ ശക്തി പ്രവേശിച്ച് മറ്റുള്ളവരുടെ അജ്ഞാനത്തിനെ നീക്കം ചെയ്യുന്നു എന്ന് വേണം പറയാൻ എന്താണെന്നുവെച്ചാൽ അനുകമ്പാർത്ഥം എന്ന് വാക്കുള്ളത് കൊണ്ട് അനുകമ്പാർത്ഥം അഹം അജ്ഞാനം തമഹ നാശയാമി ആത്മഭാവസ്ഥ ജ്ഞാനീതു ആത്മൈവമേ അവൻ ആത്മാവായിട്ട് തന്നെ ഇരിക്കണത് അവനിൽ ഇരുന്നു കൊണ്ട് ആത്മഭാവസ്ഥനായിട്ട് ഇരുന്നു കൊണ്ട് അഹം ആത്മഭാവസ്ഥ സന് അജ്ഞാനജം തമഹാ നശയാമി അജ്ഞാനത്തിന്റെ ഇരുട്ടിനെ നീക്കിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ ജ്ഞാനദീപേന ഭാസ്വത ഭാസ്വത ജ്ഞാനദീപേന